evam <Sanyeyevam> ൃത്തി <coughs> <coughs> <dhamadheleevam> യം അഹം പ്രത്യീ അഹം പ്രത്യയിനം അതിനെ വ്യാഖ്യാനിക്കുന്നു അഹം പ്രത്യയോ മസ്യസ്ഥി അഹം പ്രത്യീ എവിടെയാണോ അഹമെന്നുള്ള പ്രത്യയം വൃത്തി അല്ലെങ്കിൽ ബോധം ഉള്ളത് അതിനെയാണ് അഹം പ്രത്യീന നമ്മുടെ ഉള്ളിലൊരു അഹം എന്നുള്ള ഒരു ബോധം വരുന്നുണ്ട് ആ വൃത്തി എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് അഹം പ്രത്യീന്ന് പറയുന്നത് അഹം അതിനെ ഈ അഹം പ്രത്യയം അല്ലെങ്കിൽ അഹോന്ന് പറയുന്ന വൃത്തി എവിടെയാ സംഭവിക്കുന്നത് അന്ധകർണത്തിലാണ് അശുദ്ധമായ ചൈതന്യത്തിൽ അഹംബോധം ഉണ്ടാകത്തില്ല പിന്നെ അഹം എന്ന് പറയുന്നത് എന്താണ് അന്ധകരണത്തിന്റെ പരിണാമമായ ഒരു അവിടെ ചൈതന്യ ഉണ്ടെന്നേ ഉള്ളു ചൈതന്യത്തിന്റെ താതാമ്യം അന്ധകരണത്തിലുള്ള അതിന്റെ വൃത്തികളിലുമുണ്ട് അപ്പൊ നമുക്ക് അഹമെന്നുള്ള ബോധം ഉണ്ടാവും ബോധം ഉണ്ടാകുന്ന വിചാരിച്ച് ഈ അഹം എന്ന് പറയുന്ന ഈ വൃത്തി ഇത് ചൈതന്യത്തിലല്ല സംഭവിക്കുന്നത് അന്ധകരണത്തിലാണ് കാരണം ഇത് അഹോന്ന് പറയുന്ന ഈ ബോധം ഒരു വികാരമാണ് എന്തിന്റെ വികാരം അന്ധകരണത്തിന്റെ വൃത്തി എന്ന് വെച്ചാൽ പരിണാമം പറയാം അപ്പൊ അതൊക്കെ അന്ധകരണത്തിലാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ പ്രത്യോ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വൃത്തി യസ്മിൻ അന്ധകർണാദവോ അഹം പ്രത്യേക അർത്ഥം പറയുന്നു ഏതൊരു അന്ധകരണം തുടങ്ങിയതൊക്കെയാണുള്ളത് സ്വയം ആ പ്രത്യയം അന്ധകരണത്തിൽ വരുന്നത് പോലെ തന്നെ ശരീരത്തിനും വരും അന്ധകർണാദോന്ന് പറവലം അതിന്റെ ആ പരിണാമം സംഭവിക്കുന്നത് അന്ധകരണത്തിലാണെങ്കിലും അതു ഇവിടെ വരും ശരീരത്തിനും സ്വയം അഹം പ്രത്യേ ഇതാണ് അഹം പ്രത്യെന്ന് പറയുന്നത് അഹം പ്രത്യീനം എന്ന് പറയുന്നതിന്റെ അർത്ഥം അഹോ എന്നുള്ള ബോധമുള്ള അന്ധകരണത്തെ എന്ന അർത്ഥം അഹോന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കുന്ന അന്ധകരണത്തെ തം സ്വപ്രചാരസാക്ഷി സ്വപ്രചാരി സ്വം എന്ന് പറഞ്ഞ അന്ധകരണം അതാണ് അന്ധക്കരണ പ്രചാരസാക്ഷി പ്രചാരമെന്ന് പറഞ്ഞാൽ അതിന്റെ വൃത്തി അന്ധകരണത്തിന്റെ പ്രചാരമാണ് എല്ലാ അന്ധകരണത്തിന്റെ വൃത്തികളും അതിന്റെ വിഭിന്ന വൃത്തികളെയാണ് ആ അന്ധകരണത്തിന്റെ വൃത്തിയാണ് അഹമെന്ന് വരുന്നത് അന്ധകരണത്തിന്റെ വൃത്തിയാണ് കാമസങ്കല്പം നേരത്തെ പറഞ്ഞ ചികിത്സ അധ്യവസായം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്ധകരണത്തിന്റെ വൃത്തിയാണ് അഹമ്പഴത്തേ അതിനെ എന്തുവരുന്നു സ്വപ്രചാര സാക്ഷിണി വൃത്തികളുടെയൊക്കെ സാക്ഷിയായിരിക്കുന്നത് എന്താണ് ചൈതന്യം ആ ഭാഷ പറയുന്നത് അഹം പ്രത്യീനം അശേഷം സർവ സർവ എന്ത് പ്രചാരം വൃത്തികൾ സർവവൃത്തികൾ സർവവൃത്തികളും എന്തിന്റെ വൃത്തി അന്ധകരണത്തിന്റെ അതാണ് സ്വപ്രചാര സാക്ഷി എന്ന് പറയുന്നത് സ്വപ്രചാരുന്നു അതാണ് ഭാമികാരം പറഞ്ഞ അന്ധകരണ പ്രചാരസാക്ഷിണി അവിടെ പറഞ്ഞു പ്രത്യേകാത്മനി അത് വിശദീകരിക്കുകയാണ് പ്രത്യേകാത്മാ എന്താ കൊണ്ട് പറഞ്ഞു ചൈതന്യ ഉദാസീനാഭ്യാം ഇതാണ് സാക്ഷി സാക്ഷി എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ് ആ സാക്ഷി ഉദാസീനം എന്ന് വെച്ചാൽ സാക്ഷി എന്ന് പറയുന്നത് ചൈതന്യ സ്വരൂപനാണ് പിന്നെ നിസന്തനാണ് അതിനാണ് ആത്മാവെന്ന് പറയും അതിനാണ് പ്രത്യേക ആത്മാവ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആന്തരികമായിരിക്കുന്നത് അധിഷ്ഠാനമായിരിക്കുന്നു എന്നൊക്കെ ആന്തരിക ഇതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്നു ഇതിനെല്ലാം കാളും ആന്തരികമായിരിക്കുന്നതുമായ എന്താണ് അതിൽ സുപ്രചാര സാക്ഷിണി ചൈതന്യത്തിൽ എന്ത് അഹം പ്രത്യേക സാക്ഷാത് ദൃഷ്ടി സജ്ഞായം സാക്ഷിയെ പാണിനി സിദ്ധിക്കുന്ന സാക്ഷാത് നേരിട്ട് കാണുന്നവൻ ആണ് സാക്ഷി ഒരടിപടി നടക്കുമ്പോ അവിടെ അതിനെ നേരിട്ട് കാണുന്നവനാണ് എന്ത് പറയുന്നത് സാക്ഷി എന്ന് പറയുന്നത് അതുപോലെയാണ് ഇതിനെല്ലാം ചൈതന്യ രൂപത്തിലിരുന്ന് പിന്നിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് സാക്ഷി അപ്പം ചൈതന്യ സുരുകൾ എന്നാൽ ഇതിൽ ഇടപെടുന്നുമില്ല ഈ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ അന്ധകരണത്തിന്റെ ഈ പരിണാമങ്ങളിലൊന്നും അത് ഇടപെടുന്നില്ല അതിന്റെ സാന്നിധ്യത്തിൽ അന്ധക്കരണത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാഖ്യന്മാരുടെ സിദ്ധാന്തമാണ് സാഖ്യന്മാരാണ് പറയുന്നത് സാക്ഷിയാണ് അന്നുകൊണ്ട് അന്ധകരണത്തിൽ ഒരുപാട് പരിണാമങ്ങൾ സംഭവിക്കുന്നു പക്ഷെ ഈ പരിണാമങ്ങളിലൊന്നും സാക്ഷി കൈയടത്തുന്നില്ല എന്നാൽ സാക്ഷിയുടെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ അസംഘദാസീന ജന്മാത്രം എന്നൊക്കെ പറയും പുരുഷൻ അതിനോട് പ്രത്യേകാത്മാവെന്ന് പറയും ആ പ്രത്യേകാത്മാവിൽ അധ്യസിയ അധ്യസിക്കുന്നു എന്തിനെ അന്ധക്കരണാരികളെ ഇവിടെയാണ് ധർമ്മി അധ്യാസത്തെ കുറിച്ച് പറയും ഇതുവരെ ധർമ്മധ്യാസെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ അന്ധക്കരണത്തെ അധ്യസിക്കുന്നു ശരീരത്തെ അധ്യസിക്കുന്നു ഇന്ദ്രിയ അധ്യസിക്കുന്നു എല്ലാം അധ്യസിക്കുന്നു ധർമ്മിക ഏതാ പ്രത്യേകാത്മവിന് അധ്യസിക്ക പ്രത്യേകാത്മാവിന് അധ്യസിക്കുന്നു അപ്പൊ ഇതിനെ രണ്ടായിട്ട് പിരിച്ചു രണ്ടായിട്ട് പിരിച്ചിരിക്കുകയാണ് ഒന്നെന്താണോ അസന്തമായിരിക്കുന്ന ചൈതന്യ സ്വരൂപത്തിലിരിക്കുന്ന സർവത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ചൈതന്യം എന്ന് വെച്ചാൽ അറിവെന്നാണ് അർത്ഥം മനസ്സിലായി മലയാളത്തിൽ ഗുരു അറിവെന്ന് പറയുന്നത് ഈ ചൈതന്യത്തിനെയാണ് അറിവായിരിക്കുന്നത് അത് അസംഘ ഉദാസീനമായിരിക്കുന്നു അതില് അന്ധകരണത്തെ അധ്യസിക്കുമ്പോൾ അഹംപത്തിനും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു പറയുന്നു ഭാമതിയില് തതനേന കർത്തൃത്വഭോക്തൃത്വ ഉപപാദിതേ ഇതിലൂടെ കർത്തൃത്വം ഭോക്തൃത്വം ഇതിനെയൊക്കെ ഉപപാദനം ചെയ്തെന്ന് വെച്ചാൽ സമർത്ഥിച്ചു എന്തു പറഞ്ഞതിലൂടെ അതായത് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഈ ആത്മാവ് ചൈതന്യം എന്ന് പറയുന്നത് ഇതിനോട് സംഘമില്ല അതിനോട് വികാരങ്ങളുമില്ല അപ്പൊ അതില് കർത്തൃത്വവും ഭോക്തൃത്വമൊന്നും വരത്തില്ല മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ ടർക്കിന്മാരും ഒക്കെ പറയുമ്പോൾ എന്താണ് അതിൽ കളർത്തൃത്വം ഭോക്തൃത്വമൊന്നും വരത്തില്ല അതൊന്നും അവിടെ വരത്തില്ല ഇവിടെ അതിന്റെ കളത്തൃത്വം ഭോക്തൃത്വമൊക്കെ വരുന്ന എന്തുകൊണ്ട് അന്ധക്കരണ എല്ലാ ധർമ്മങ്ങളുമുള്ള അന്ധക്കരണത്തെ അതിൽ ആരോപിച്ചതുകൊണ്ട് അപ്പൊ ഈ കടത്തൃത്വഭോക്തൃത്വമൊക്കെ ശരിക്കിരിക്കുന്ന എവിടെ അന്ധകരണത്തിൽ ആ അന്ധകരണത്തെ ഈ ചൈതന്യത്തിൽ ആരോപിച്ചു അന്ധകർണത്തെ ചൈതന്യത്തിൽ ആരോപിച്ചപ്പോ കടത്തൃത്വ ഭോക്തൃത്വമൊക്കെ എവിടെ വന്നു ചൈതന്യത്തിൽ വന്നിട്ടാണ് പറയുന്നത് അഹം കർത്താവ ഞാൻ കർത്താവാണ് ഞാൻ ോക്താവാണ് അപ്പൊ ഈ കർത്താവ് ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എന്നൊക്കെ പറയുന്നത് അസംഘദാസീനായ ചിത്ത് തന്നെയാണ് പക്ഷെ പറയുമ്പോ അവിടെ എന്ത് സംഭവിച്ചു അധ്യാസം സംഭവിച്ചു അധ്യാസം സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് വാസോത്യത നടക്കുന്ന ഇവിടെ അതായത് പ്രപഞ്ചം മുഴുവൻ ആരോപിച്ചിരിക്കുന്ന എവിടെ ആത്മാവിനാണ് അന്ധക്കരണത്തിലല്ല പ്രപഞ്ചം മുഴുവൻ ആരോപിച്ചിരിക്കുന്നത് ആത്മാവ് പക്ഷെ ആത്മാവ് ആരോപിക്കുമ്പോ അവിടെ എന്തുവരുന്നു അഹംബുദ്ധിയുണ്ടാകുന്നു അപ്പോ അന്ധകരണത്തിലിരിക്കുന്ന കർത്തൃത്വം ഭോക്തൃത്വം ഇല്ല എന്തുവരും ചൈതന്യത്തിൽ വരുന്നതായി നമുക്ക് അനുഭവപ്പെടും ചൈതന്യത്തിൽ വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണെന്ന് എന്ന് പറയുന്നു ഞാൻ കർത്താവാണ് ഭോക്താവാണ് അപ്പൊ ഉപപാദിതം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം സമർപ്പിച്ചതെന്ന് പറഞ്ഞു കൊണ്ട് സമർത്ഥിച്ചിരിക്കുകയാണ് യുക്തി കൊണ്ട് അതായത് അഭിപ്രായ സിദ്ധാന്തം എന്താണ് ആത്മാവെന്ന് പറയുന്നത് സാക്ഷിയാണ് അതിലൊന്നും സംഭവിക്കില്ല എന്നൊരു പിന്നെ എങ്ങനെയാണ് ആത്മാവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഞാൻ എന്ന് പറഞ്ഞു ഈ കർത്തൃത്വ ഭോക്തൃത്വത്തോ ഒരാൾക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നു അവൻ പറയുന്നു അതെല്ലാം അങ്ങോട്ട് ആരോപിച്ചിട്ടാണ് എന്താണ് ശരി എന്നാ കേവലമായ അന്ധകരണത്തിൽ കർത്തൃത്വം ഭോക്തൃത്വം ഉണ്ടെങ്കിൽ അവിടെ അതാണെന്ന് പറഞ്ഞുകൂടി ആരോപിക്കാതെ ഉം എന്തിനും ഭോക്തൃത്വം ഒക്കെ എവിടെയിരിക്കുന്നു അന്ധകരണത്തിൽ അതാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ഉം ആണ് പറഞ്ഞുകഴിഞ്ഞാൽ കുഴപ്പം വരുന്നത് അന്ധകരണ ജഡമാണ് ജഡമായ അന്ധകരണത്തിൽ അഹം എന്നുള്ള ബോധം ഉണ്ടാവത്തില്ല അഹം എന്ന് എന്താണ് ബോധമാണ് ചൈതന്യമാണ് അറിവാണ് ഈ അറിവ് ജഡത്തിലുണ്ടാവും എന്തുകൊണ്ടുണ്ടായ ീ പുസ്തകത്തിനും ബോധം ഉണ്ടാവണം ആവന്ന് മരിച്ചു കഴിഞ്ഞാലും എന്തുണ്ടാവണം ആഹോന്ത് ശരീരത്തിന് ബോധം ഉണ്ടാവണം അപ്പൊ എന്താണ് അവിടെ ബോധമില്ല എന്തുകൊണ്ട് ബോധം എവിടെയാണുള്ളത് ചൈതന്യത്തിലാ ഉള്ളത് എപ്പോഴാണോ ചൈതന്യത്തോട് ജഡത്തിന് താതാത്മ്യം വരുന്ന അവിടെ മാത്രമേ ബോധം പ്രത്യക്ഷപ്പെടൂ മരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബോധമില്ലാതെ ആവുന്നു ാതാത്മ്യണ്ട് ചൈതന്യം ഉണ്ട് ജടകുമുണ്ട് എല്ലാം അവിടെ ഉണ്ട് പക്ഷെ എന്ത് സംഭവിക്കുന്നല്ലോ രണ്ടും തമ്മിലുള്ള താതാത്മ്യം ഇണ്ട് അധ്യാസമില്ല അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ അഹംബോധമില്ല എപ്പോഴാണോ താതാത്മ്യം മരുന്നത് അവിടെയാണ് എന്തു വരുന്നത് സുഷുതയിലും താതാത്മ്യം ഇല്ല അതുകൊണ്ട് അഹംബോധമില്ല നമുക്ക് എവിടെ ബോധമില്ലേ ഇപ്പൊ മനസ്സിലായ കൊണ്ട് അവിടെ അന്ധകരണം ചൈതന്യത്തോട് തഥാമ്യപ്പെടുന്നില്ല അതുകൊണ്ട് ബോധമുണ്ടാകും താതാപ്പെട്ട ബോധം ഉണ്ടാവും അതാണ് അഹംബോധം എന്ന് പറയുന്നു അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ തദനേന കടത്തൃത്വ ഭോക്തൃത്വം അതെ അപ്പൊ ഇതൊക്കെ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഒരു പ്രത്യേക യുക്തിയിലൂടെ സമർത്ഥിക്കുകയാണ് മനസ്സിലാവുക അദ്വൈതികൾക്ക് പ്രിയപ്പെട്ട ഒരു യുക്തി ആ യുക്തിയിലൂടെ ജനങ്ങൾ സമർത്ഥിക്കണം ഇങ്ങനെ വൈദ്യ സമർത്ഥിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം അസംഗമായ ഉദാസീനമായ ഒരു ആത്മാവ് ഉണ്ടെന്ന് അംഗീകരിക്കണം പിന്നെ എന്തുവരണം കർത്തൃത്വം ഭോക്തൃത്വമൊക്കെ ഉള്ള ഒരു അന്ധകരണം ഉണ്ടെന്ന് അംഗീകരിക്കണം എന്നിട്ട് ആ അന്ധകരണവും ഈ ആത്മാവും തമ്മിൽ ഒരു താതാത്മ്യം സംഭവിച്ചു എന്ന് പറയുന്നു ആ താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ് അതാണ് അഹംബോധം ഈ അഹംബോധം ആ താതാത്മ്യമാണെന്ന് പറയുന്നു അങ്ങനെ താതാത്മ്യമാകുന്ന ഈ അഹംബോധം വരുമ്പോ അവിടെ കർത്തൃത്വബോധ തൃത്വൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞു ഈ കർത്തൃത്വവും ഭോക്തൃത്വം ഇത്ര ഗൌരവമായിട്ട് എന്തിനാ ചർച്ച ചെയ്യുന്നത് ജഡമല്ല അത് ചർച്ച ചെയ്യുന്നത് മീമാംസവന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് ഈ കർത്തൃത്വവും ഭോക്തൃത്വം അവർക്ക് ഇവിടെ കർമ്മം ചെയ്യണം പരലോകത്ത് പോയി സുഖം സ്വർഗം കിട്ടും അതിനുവേണ്ടിട്ട് അവരാണ് ഈ കർത്തൃത്വം ഭോക്തൃത്വം എത്തിപ്പിടിച്ചിരിക്കുന്നത് അവരെന്താ പറയുന്നത് ഈ കർത്തൃത്വവും ഭോക്തൃത്വവും രണ്ടും ആത്മാവിനിരിക്കുകയാണ് ജീവാത്മാവിൽ ജീവാത്മാവിന് ഇവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതേ ജീവാത്മാവിന് പരലോകത്തിൽ പോയി ഭോക്താവാകു പറയുന്നത് അതിനെ നിഷേധിക്കാൻ വേണ്ടിട്ടാണെന്ന് പറയുന്നത് ഈ കർത്തൃത്വവും ഭോക്തൃത്വവും ആത്മാവിലില്ല പിന്നെ ഇതൊക്കെ എവിടെയിരിക്കുന്നത് അന്ധക്കരണത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യേണ്ട കാര്യം ഇല്ല പിന്നെ എന്തു ചെയ്താ മതി അധ്യാസത്തെ ഈ താരാമ്യത്തെ മാറ്റി അതുകൊണ്ട് ചെയ്ത മീമാംസവന്മാരെന്താ പറയുന്നത് ഞാൻ കർത്താവാണ് പറയുന്നത് എന്റെ അനുഭവമാണ് ഭോക്താവ് എന്ന് പറയുന്നതും എന്റെ അനുഭവം കൊണ്ട് അതുകൊണ്ട് എന്നിൽ കർത്തൃത്വം ഭോക്തൃത്വം ഉണ്ട് അപ്പോ എന്ന ഭോക്തൃത്വം ഉണ്ടെന്ന് പറയുമ്പോ ഞാനാരായി ഞാൻ ശരീരമല്ല ആത്മാവ് അദ്വരി എന്താ പറയുന്നത് അത് ശരിയാണ് നീ ശരീരമല്ല ആത്മാവാണ് നിന്നൽ കർത്തൃത്വം ഭോക്തൃത്വം ഉണ്ടെന്ന് പറയുന്നത് അത്യസ്തമാണ് അല്ലാതെ ആത്മാവിന് കർത്തൃത്വം ഭോക്തൃത്വവും അവരെ നിഷേധിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നതല്ല അല്ല ഇവിടെ ആരും വന്നിട്ട് നാട്ടുകാരും പറയുന്നില്ല ഞാൻ കടത്താവാണ് ഭോക്താവ് ഇല്ലാതെ കടത്തെടുത്തുകൊണ്ട് ഭോക്തി നാട്ടുകാർക്കൊന്നും പരാതിയില്ല ഇതൊക്കെ മീമാംസെ അല്ലെങ്കിൽ അതുപോലെയുള്ള ദാർശിനികന്മാരുടെ അഭിപ്രായത്തെ കണ്ടിക്കാനാണ് യുക്തി ഉപയോഗിച്ചാലും നിഷേധിക്കുന്നു ചൈതന്യ ഉപാതേ ചൈതന്യത്തിന് യുക്തി പറയുന്നത് ഈ ചൈതന്യം ഉണ്ടെന്നുള്ളത് സമർത്ഥിക്കുന്ന എങ്ങനെ അറിവും അവനെ സമർത്ഥിക്കുന്ന എങ്ങനെ എന്ന് വെച്ചാൽ വ്യക്തിയിലൂടെയാണ് ചൈതന്യം പറഞ്ഞാൽ ചൈതന്യം ആത്മാവാണം അല്ലാതെ അറിവെന്ന് പറയും നമ്മുടെ അനുഭവത്തിൽ ഉള്ള കാര്യമാണ് അനുഭവം തന്നെ അറിവും അവന് വേറെ വ്യക്തിയുടെ ആവശ്യമില്ല എല്ലാവർക്കും അറിവുണ്ട് അത് അനുഭവമാണ് എന്നുവെച്ചാൽ വേറെ പ്രമാണത്തിന്റെ ആവശ്യമില്ല യുക്തിയുടെ ആവശ്യമില്ല പക്ഷെ ഇതിന്റെ പിന്നിൽ അസംഘദാസീനായ ഒരു ചൈതന്യുണ്ടെന്നുള്ളതിനെന്ത് വേണം യുക്തി വേണം അതിനെ യുക്തിയിലൂടെ സംരക്ഷിക്കുന്നതാണ് ഭാഷ്യത്തിൽ പറയുന്നത് തഞ്ച പ്രത്യകാത്മാനം സർവസാക്ഷിണം തദ്വിപരീണ അന്ധകരണാദി ശബ്ദസ്ഥിതി ഭാമധികാരം പറയും പ്രത്യേകാത്മാനം സർവസാക്ഷണം തദ്ദേശ സർവസാക്ഷിയായിരിക്കുന്ന സർവത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന പ്രത്യേകാത്മാവിനെ തദ്വിപര്യണ അവിടെയാണ് യുക്തി തദ്വിപര്യണന്ന് പറഞ്ഞ തദ്വിപര്യണത് വ്യാഖ്യാനിക്കുന്നു അന്ധക്കരണാദികൾക്ക് വിപരീതമായി എന്ന് പറഞ്ഞത് വിശദീകരിക്കുന്നു അന്ധക്കരണാദി അചേതനം അന്ധക്കരണാദികളുടെയൊക്കെ പ്രത്യേകത എന്താണ് അന്ധക്കരണം ശരീരം ഇന്ദ്രിയം ഇതിന്റെയൊക്കെ പ്രത്യേകത അത് അചേതനമാണെന്ന് പറഞ്ഞാൽ ജഡമാണ് അതിന്റെ വിപരീതം എന്ന് പറഞ്ഞാ എന്താണ് ആ ജഡത്തിന് വിപരീതമായി ജഡ്ഡത്തിന് വിപരീതമായിരിക്കുന്ന എന്താണ് ചൈതന്യം അപ്പൊ അന്ധ സർവസാക്ഷിണം പ്രത്യേകാത്മാവായ സർവസാക്ഷിയെ ജഡവിപരീതമായ ചൈതന്യ രൂപത്തിൽ എന്താണ് പറഞ്ഞ തസ്യ വിപരീയ ചൈതന്യം എന്റെ വിപരീന്ന് വെച്ചാൽ എന്റെ വിപരീതം എന്ന് പറഞ്ഞാൽ ജഡവിപരീതമാണ് ചൈതന്യം ആ രൂപത്തിൽ എന്ത് ചെയ്യുന്നു ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു അന്ധക്കർണാദിഷ് അധ്യസ്ഥിതി ഭാഷ്യത്തിൽ എങ്ങനെ മനസ്സിലാകണം ഷു അധ്യസ്ഥിതി അങ്ങനെ അർത്ഥം മനസ്സിലാക്കുന്നു പ്രത്യേകാത്മാവിന് സർവസാക്ഷിയായിരിക്കുന്ന ആ പ്രത്യേകാത്മാവിനെ പ്രത്യേകാത്മാവിനെ ചൈതന്യരൂപത്തിൽ ശരീരത്തിലും അന്ധകരണത്തിലും ഒക്കെ ആരോപിക്കുന്നു അധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവസാക്ഷിയായിരിക്കുന്ന ആത്മാവിന്റെ ചൈതന്യത്തെയാണ് ഇതിലെന്താ യുക്തി എന്താണ് ഇതിന്റെ യുക്തി അതായത് ശരീരം അന്തക്കെണ്ണം ഇതിനൊക്കെ നമുക്ക് ചൈതന്യത്തിന്റെ അനുഭവം ഉണ്ട് മനസ്സിലായോ ഈ ചൈതന്യത്തിന്റെ അനുഭവം അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇവിടെ അദ്വൈതി പറയുന്നത് ഈ ചൈതന്യം എന്ന് പറയുന്നത് ശരീരം അന്തക്കെണ്ണം ആരോപിക്കപ്പെട്ടിരിക്കയാണ് ആ ചൈതന്യ അനുഭവം നമുക്ക് എങ്ങനെയുണ്ടാകുന്നത് എങ്ങനെയാകുന്നു അഹം എന്നിങ്ങനെ അഹമെന്ന് നമ്മൾ ഈ അനുഭവിക്കുന്നതിനാണെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അഹോ എന്ന് പറയുന്ന അനുഭവമാണ് എന്ത് അഹോന്ന് പറയുന്ന അനുഭവം എന്താണ് അതാണ് അധ്യാസം അതിനാണ് ഈ അനുഭവം എവിടെ വരുന്നു ശരീരത്തിനൊക്കെ വരുന്നു അപ്പോ ഈ ഒരു അനുഭവം അഹം അനുഭവം ഈ അധ്യാസം ഇത് ചൈതന്യമാണ് ഇത് ശരീരത്തിൽ വരുന്നത് ഇങ്ങനെ വന്നിരിക്കുന്ന എവിടെ നിന്ന് വന്നു സർവസാക്ഷിയിൽ നിന്ന് വന്നു അപ്പൊ ഇവിടുത്തെ യുക്തി എന്താണ് ഇവിടുത്തെ യുക്തി എന്താണ് ഉപാധി ഇവിടുത്തെ യുക്തി എന്താണ് സർവസാക്ഷൊരു പ്രസ്താവന ഇതിന്റെ യുക്തി എന്താണ് ഈ ശരീരത്തിൽ ഇങ്ങനൊരു ചൈതന്യം അനുഭവപ്പെടണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു സാക്ഷി വേണം അതാണ് വ്യക്തി അല്ല എവിടുന്നൊരു മനസിലായോ ഈ പറയുന്ന ഈ ഈ ജഡത്തിന്റെ ചൈതന്യം അല്ല എന്തുകൊണ്ടല്ല ഈ ചൈതന്യം നമ്മൾ ഈ അഹം എന്ന് പറയുന്ന അനുഭവം ഈ ജഡത്തിന്റെ ചൈതന്യ എന്തുകൊണ്ടല്ല അതന്നെ ഈ ജഡത്തിൻറെ ചൈതന്യം ആ മരിച്ചു കഴിഞ്ഞാലും ജഡവുണ്ട് ചൈതന്യം ഇല്ല മനസിലായ ജീവിച്ചിരിക്കുമ്പോ അഹം എന്നുള്ള അനുഭവം ഉണ്ട് അത് തന്നെ ചൈതന്യം അത് അങ്ങനെ അനുഭവം തന്നെയാണ് അറിവ് അത് തന്നെയാണ് എന്ത് അധ്യാസം അത് ഈ ശരീരത്തിനുണ്ട് ഈ ഒരു അറിവ് ഈ ശരീരത്തിൽ എവിടെ വന്നു ഈ ശരീരത്തിന്റെ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇത് വന്നു ഏഹ് ഇതിന്റെ പിന്നിന്റെ സാക്ഷിയുണ്ട് ആ സാക്ഷിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ആ വരുന്ന പ്രക്രിയക്ക് അദ്വൈതികൾ പറയുന്ന പേരാണ് അധ്യാസം അധ്യാസം കൊണ്ട് സംഭവിച്ചാണ് അടിസ്ഥാനം ഇതാണ് മനസ്സിലായോ എന്താണ് ഉറക്കം വരുന്നത് അങ്ങനെ അദ്വൈതമെന്ന് പറയുന്നതിന്റെ സിദ്ധാർത്ഥത്തിന്റെ ഏറ്റവും ആണ് പറയുന്നത് ഉപപാധി യുക്തി ഇതാണ് ഈ ശരീരത്തിൽ ഒരു ചൈതന്യം വരണമെങ്കിൽ ഇതിന്റെ പിന്നിലൊരു കുടസ്ഥനായ ഒരു സാക്ഷി വേണം അങ്ങനെ ഒരു കൂടസ്ഥനായ സാക്ഷി ഇല്ലെങ്കിലോ ഈ ശരീരത്തിൽ ചൈതന്യം വരാൻ വേറെ ഒരു സോഴ്സ് ഇല്ല മനസ്സിലായ വേറെ വരാൻ ഇല്ല അതാണ് ഉപപാദന യുക്തി എന്ന് പറയുന്നത് അപ്പൊ എന്റെ കൂടസ്ഥനായ സാക്ഷി വേണം ഇതാണ് എന്താണ് ഈ സ്വാമിമാരുടെ ഈ നാട്ടുകാരൻ മുഴുവൻ പഠിപ്പിച്ചിരിക്കുന്നു അബദ്ധം ഈ ശരീരത്തിന്റെ പിരിൽ കൂടസ്ഥനായ സർവസാക്ഷിയായ ഒന്നുകൊണ്ട് അതിൽ നിന്നാണ് ഈ ചൈതന്യം വരുന്നത് ഈ ശരീരത്തിൽ ചൈതന്യം വരുന്നു എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ അനുഭവമാണ് ശരീരത്തിൽ ചൈതന്യം അറിവുണ്ട് അതാണ് അഹം മനസിലായോ അതെല്ലാവർക്കും അനുഭവമുള്ളതായിരിക്കും ചത്തുകഴിഞ്ഞാൽ ശരിയാണ് പിന്നെ ഈ ശരീരത്തിൽ അഹം ഇല്ല അതും എല്ലാവർക്കും അനുഭവമുള്ളതാണ് പിന്നെ ഉറങ്ങി കിടക്കുമ്പോഴും നമുക്കൊരു അനുഭവം ആ സമയത്ത് പിന്നെ തർക്കിക്കാം ആ സമയത്ത് നമുക്കൊരു അനുഭവം എന്താ സ്വപ്നം കണ്ടില്ലെങ്കിൽ ഒരനുഭവം അപ്പൊ എവിടുന്നോ ഈ ചൈതന്യ ശരീരത്തിലേക്ക് കടന്നുവരുന്നു അങ്ങനെ കടന്നു വരുന്നതിന് എന്താണ് ഇതിന്റെ പിന്നിലൊരു സാക്ഷിയായ കൂടസ്ഥൻ വേണോന്നൊക്കെ പറയുന്ന എന്തുകൊണ്ടാണെന്നുള്ള യുക്തികൾ വേറെയാണ് അതെന്തുകൊണ്ട് കൂടസ്ഥനാവും ഇതുപോലെ ഒരു ചൈതന്യം എന്തുകൊണ്ടായി കൂടാ അതിനൊക്കെ വേറെ പല കാരണങ്ങളും അതൊക്കെ പറയുമ്പോഴാണ് അത് ഇത്രയും വലുതായിപ്പോ അപ്പോ അങ്ങനെ ഈ പറയുന്നതിനാണ് യുക്തി എന്ന് പറയും അങ്ങനെ ഒന്നുണ്ടായാലേ വരത്തുള്ളൂ മനസ്സിലായോ ഈ പറയുന്ന പോലെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായാലേ ഭൂമിയിൽ മഴ പെയ്യത്തുള്ളൂ എന്ന് പറയുമ്പം ഇന്ധന എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായത് എന്തോ ഒരു മഴ പെയ്യും എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയല്ലേ എടാവിനെങ്ങനെ മഴ പെയ്യും ഏത് ഈ പറയുന്നത് കാര്യകാരണമാണ് കാരണം ഈ ശരീരത്തിൽ ചൈതന്യം വരണമെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും വന്നാലേ പറ്റും ഇതാണ് എന്താണ് എല്ലാ ആസ്തിക ദർശനങ്ങളും ഇത് തന്നെ ഒരു തരത്തിലെങ്കിൽ വേറെ തരത്തിൽ ഇതിന്റെ പിന്നിലൊരു അങ്ങനെ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ആത്മാവ് ശ്രദ്ധിക്കുന്നത് അവിടെയാണ് ആത്മാവ് ശ്രദ്ധിക്കുന്നത് അവിടെയാണ് ബന്ധം സൃഷ്ടിക്കുന്നത് അവിടെയാണ് മോക്ഷം ശ്രദ്ധിക്കുന്നത് അവിടെയാണ് പുനർജന്മം ശ്രദ്ധിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന എവിടെയാണ് ഈ പറയുന്ന ചൈതന്യം ശരീരത്തിൽ വരുന്നതിന് ഇതിന്റെ പിറകിലൊരു സാക്ഷി ഉണ്ടെന്ന് പറയുന്നത് ആ സാക്ഷിയെ വേണോന്ന് എല്ലാരും പറയത്തില്ല ഒരു ചൈതന്യം വേണോന്ന് പറയുന്നത് വേറൊരു ചൈതന്യത്തിൽ നിന്നാണ് ഇവിടെ ചൈതന്യം വരുന്നത് ഇത് അവരിങ്ങനെ ഇങ്ങനെ ഒരു ധാരണയിൽ എത്തിച്ചേർന്ന് എന്തുകൊണ്ടാണ് ഈ ലോകത്തെ കണ്ടിട്ട് ലോകത്തെ കണ്ട് ചിന്തിക്കുന്നതാണ് യുക്തി ലോകത്തിലെ നിയമങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചിന്തിക്കുന്നതാണ് യുക്തി ഇപ്പൊ ഇവിടെ നമ്മളെ മുറിക്കകത്ത് പ്രകാശം ഉണ്ട് പ്രകാശം കണ്ടവിടെ നമ്മൾ ചിന്തിക്കുന്ന പ്രകാശത്തിന്റെ ഒരു സോഴ്സ് ഉണ്ട് എന്താണ് ആ ടൂബ് ഇവിടെ പ്രകാശം മരണമെങ്കിൽ എന്ത് വേണം മറ്റൊരു പ്രകാശത്തിന്റെ ഒരു ഉറവിടം വേണം പുറമെ എന്താണ് ലൈറ്റ് ഉണ്ട് പുറത്തൊക്കെ ലൈറ്റ് ഉണ്ട് ഈ പുറത്തൊക്കെ ഇങ്ങനെ ഇത്രയും വ്യാപകമായി ലൈറ്റ് വരണമെങ്കിൽ എന്ത് വേണം ആകാശത്തൊരു സൂര്യൻ വേണം അല്ല ഇങ്ങനെ പ്രകാശം മനസ്സിലായോ ചിന്തിച്ചു പോയത് പുറമേ ഇത്രയും ലൈറ്റ് വേണമെങ്കിൽ ആ ലൈറ്റിന് കാരണമായി ആകാശത്തൊരു സൂര്യൻ അത് കാണുകയാണ് യുക്തിയല്ല നേരിട്ട് കാണുകയാണ് സൂര്യൻ നിന്ന് തന്നെയാണ് ആ പ്രകാശം വരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിലൊരു പ്രകാശമുണ്ട് അറിവ് ഈ അറിവിനെന്ത് വേണം ശരീരത്തിന് പിന്നിലായിട്ട് ഒരു സൂര്യനെ പോലെ ആദിത്യ അതാണ് ഇതിനെപ്പോഴും ആദിത്യനോടൊക്കെ ആദിത്യവർണം തമസപരസ്ഥൊക്കെ ഉപനിഷത്തൊക്കെ പറയുന്നതാണ് ഒരു ആദിത്യനുണ്ട് അതാണ് ്രഹ്മം ആത്മാവ് ദുർഗുണ ചൈതന്യം സഗുണ ചൈതന്യം എന്ന് നാം പറയുന്നു ഇതാണ് അദ്വൈതയുടെ ആസിയന്മാരെയൊക്കെ വഴി എന്നാൽ വേറെ രീതിയിൽ ചിന്തിച്ചവർ കൂട്ടിട്ടുണ്ട് അവരെന്താ പറയുന്നത് അവർ പറയുന്നു നിങ്ങള് ഇത്രയും കാടുക കാര്യമൊന്നുമില്ല പണ്ട് പറയുന്നു ചാർവാകന്മാര് പറയുന്നു ഈ പഞ്ചഭൂതങ്ങളെല്ലാം കൂടി ചേരുമ്പോ എങ്ങനെയാണ് ഏ ച മാറ്റുമ്പോ എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് കരിപ്പട്ടി ഉപയോഗിക്കും പട്ട ഉപയോഗിക്കും അട്ട ഉപയോഗിക്കും ഫ്രൂട്ട്സ് ഉപയോഗിക്കും ഇങ്ങനെ പല സാധനങ്ങൾ ഇടുമ്പോ ഇതിലേതെങ്കിലും ഒന്നെടുത്ത് കടിച്ചു നോക്കിയാൽ ലഹരിയില്ല ഇതെല്ലാം കൂടെ പതഞ്ഞു പോകുമ്പോ എന്ത് വരും അതിൽ നിന്നൊരു ലഹരി ഉണ്ടാകും അത് ഈ ഭൂതങ്ങൾ കൂടി ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് എന്ത് ആരുടെ വ്യക്തി ചാർവാകന്റെ വ്യക്തി അതുപോലെ ഈ ഭൂതങ്ങൾ കൂടിച്ചേരുമ്പോൾ എന്ത് വരുന്നു അറിവുണ്ടാകുന്നു ഉള്ളൂ ഭൂതങ്ങൾ കൂടി ചേരുമ്പം പ്രത്യേക അനുപാതത്തിൽ കൂടി ചേരുമ്പം അറിവുണ്ടാകുന്നു അതിനെന്തിനാ ഇതിന്റെ പുറകിൽ ഒരു കൂടസ്ഥൻ്റെ ആവശ്യമൊന്നും എന്ന ആര് പറയുന്നു ആര് പറയുന്ന ശരി ചാർവാഹൻ കണ്ണിക്ക് ഒരുപാട് കാരണം ചാർവാകൻ പറയുന്ന യുക്തിയല്ലേ അപ്പൊ എന്ത് വേണം യുക്തിയെ യുക്തി കൊണ്ട് കണ്ണിക്കാൻ ഒരുപാട് വഴികളുണ്ട് ചാർവാകനെ കണ്ണിക്കാൻ ജയിച്ച് പറയാനുണ്ട് ആദ്യം സയൻസ് പറയുന്ന അങ്ങനെ എന്താ നമ്മുടെ ഈ പുസ്തകങ്ങൾ എഴുതിയ ഓരോ ആൾക്കാർക്കും ജൈവിനി ആയിക്കോട്ടെ ഗൗതമനായിക്കോട്ടെ കണാദനായിക്കോട്ടെ ആർക്കും തന്നെ എന്താണ് ഈ ബ്രെയിൻ എന്ന് ഒരു സാധനത്തെ കുറിച്ച് അറിയില്ല അവർ പറഞ്ഞിരുന്നത് തലച്ചോറെന്നാണ് തിലയ്ക്കകത്തിരിക്കുന്ന ചോറ് അതിൻ്റെ ഉപയോഗം എന്താണെന്നോ അതെന്തിനുള്ളതാണെന്നുള്ള കായികമായ അറിവൊന്നുമില്ല പിന്നെ അവർക്കറിയാമായിരുന്നു എന്താണ് ഈ കഴുത്തിൻ്റെ മേളിരിക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ അകത്ത് എന്തോ കുറച്ചുകൊണ്ട് അത് പ്രധാനപ്പെട്ടാണ് താറ്റുപോയി കഴിഞ്ഞ ചത്തുപോയി ഇതൊക്കെ അറിയാമായിരുന്നു ഈ നമ്മുടെ തലച്ചോറിന്ന് നാടിന്ന് അരമ്പുകളൊക്കെ താഴോട്ട് വരുന്നു മേളോട്ട് പോകുന്നു ഇതൊക്കെ അറിയാമായിരുന്നു കാരണം അവർ ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നില്ലേ ആധുനിക ന്യൂറോ സയൻസിൽ ഒരു വിഭവം പറയുന്നത് നിങ്ങളീ പറയുന്ന പോലെ എല്ലാവരും അംഗീകരിക്കുന്നില്ല കേട്ടോ ഒരു ഇത് പുറത്തേതെങ്കിലും സോഴ്സിൽ നിന്ന് വരുന്നതായിരിക്കും ഇത് ഈ അറിവെന്ന് പറയുന്നത് സാധ്യത എന്താണോ ഈ ബ്രെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സി എൻ എസ് എന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം ഈ സ്പൈനൽ കോഡ് ഇതെല്ലാം കൂടെ ചേരും ഈ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ആ പ്രവർത്തനം കൊണ്ട് പണ്ട് ചേർവാകന്മാർ പറഞ്ഞു മനസിലായോ ഈ ശരീരത്തിലെ ഭൗതികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നായിരിക്കാനേ സാധ്യതയോട് പോകുന്നു പക്ഷെ നമ്മള് വേദാന്തികൾ വിടോ അന്ധവേദികൾ വിടോ നമ്മൾ അത് ഒരിക്കലും ചെയ്യാവൂല്ലോ അങ്ങനെ അല്ല അതിന്റെ പിന്നിലൊരു കൂടസ്ഥൻ ഉണ്ട് കൂടസ്ഥൻ ഉണ്ട് നമ്മൾ പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതിനൊരു സാധ്യതയെന്ന് പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ ന്യൂറോ സയൻസിന് അത് കൃത്യമായി മറ്റ് ഓരോ ഭൗതിക കാര്യങ്ങൾ തെളിയിക്കുന്ന പോലെ ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അവര് പറയുന്ന എന്താണ് ഭാവിയിൽ അത് തെളിയിക്കുമെന്നാണ് ത് തെളിക്കും അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ചട്ടി എടുക്കാണ്ട് പറ്റില്ല അങ്ങനെ ഒന്നും തെളിയിക്കുകയാണെങ്കിൽ അപ്പോഴും ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിരിക്കണെ ഞാൻ ഈ പറഞ്ഞെല്ലാം പിൻവലിച്ച നിങ്ങള് പറയല്ലോ ഈ അവധമൊക്കെ ഞങ്ങളെ അതേ അതല്ലേ ഞാൻ ഇപ്പൊ പറയുന്നത് റെക്കോർഡിങ് കളയുന്നില്ല നിരവധികം പിന്മലിച്ചിരിക്കും അതുകൊണ്ട് ഞാനത് പറയുന്നത് പേടിച്ചു പേടിച്ചാണ് നാളെ ഇനി അങ്ങനെ പോലും വന്നു കഴിഞ്ഞാ വരില്ലന്നെന്താ ഉറപ്പ് മനുഷ്യൻ പിന്നോട്ടല്ലോ സഞ്ചരിക്കുന്ന പിന്നെയോ മുന്നോട്ടാണ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോ അങ്ങനെ ാണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഇപ്പം തന്നെ പല പല സിദ്ധാന്തങ്ങളുമുണ്ട് പക്ഷെ സർവ ഒരു എന്താണ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് അതിനെ ആവിഷ്കരിക്കണം പരീക്ഷണങ്ങളിലൂടെ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളിലൂടെ അതിനെ ഉറപ്പിക്കണം അതിൻ്റെ ഒരു പൊതുസമ്മതി വരണം കുറച്ചുപേരെ എതിർത്താനും കുഴപ്പമൊന്നുമില്ല പക്ഷെ വീണ്ടും വീണ്ടും വീണ്ടും അത് പരീക്ഷണ വിധേയമായി കഴിഞ്ഞാൽ ലോകത്തിന്റെ എവിടെ വെച്ച് എക്സ്പെരിമെന്റ് നടത്തിയാലും അതേ റിസൾട്ട് തന്നെ കിട്ടണം അല്ലേ ഈ ബൾബ് പ്രകാശിക്കുന്ന കറണ്ട് കൊണ്ടാണ് ഇത് ആർക്കെങ്കിലും തർക്കമുണ്ടോ ലോകത്തിലെ എല്ലായിടത്തും സയന്റിസ്റ്റുകൾ അത് കണ്ടുപിടിച്ച് പ്രയോഗിച്ച് എവിടെയൊക്കെ പരീക്ഷണം തെളിയിച്ച ഒരു കാര്യമാണ് വൈദ്യുതി എന്ന് പറയുന്ന ഒരു ശക്തിയാണ് നിന പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളതെ അതുപോലെ അസന്നിഗ്ധമായി തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളീ വാചമടിക്കുന്നൊക്കെ എന്താ ഈ വെറും വെടിപ്പൊഹ ഉണ്ടല്ലാത്ത വെടി അത്രേയുള്ള അത് മുൻകൂട്ടി ധരിച്ചുകൊണ്ട് വേണം ഇതൊക്കെ പറയാൻ അല്ലാതെ ആവേശം കൊണ്ട് എന്താണ് കാരണം പണ്ട് പിന്നെ ഇവര് ധൈര്യമായിട്ട് പറഞ്ഞെന്തുകൊണ്ട് ഏഹ് ഇവർക്കൊന്നും ബ്രെയിനിനെ കുറിച്ച് അറിവില്ലായിരുന്നു ബ്രെയിനിങ്ങനെ ഒരു ഉപയോഗമുണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിവില്ലായിരുന്നു മനുഷ്യന്റെ ശരീരത്തിൽ ബോധമുണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത തന്നെ പറയുന്നുള്ളൂ ചിന്തിക്കാൻ അറിയണ്ടേ മനസ്സിനെ കുറിച്ചൊക്കെ മനുഷ്യൻ പഠിക്കുന്ന ആധുനിക കാലത്താണ് ശരിയായൊരു ധാരണ വരുന്നു മറ്റേത് എന്താണ് ഊഹാപോഹങ്ങളാണ് ഊഹാപോഹങ്ങൾ അത് ഇതൊക്കെയാണ് പല പല സിദ്ധാന്തങ്ങളും ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ നമുക്കൊക്കെ അറിയാമെന്നുണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ടല്ലോ സാധനം പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ എന്താണോ ഇവർ പറയുന്നത് എന്താണ് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന ഒന്ന് മുൻ ഒന്ന് മനസ്സിലായോ ഒന്ന് മുൻ ധാരണകൾ രണ്ടാമത് വരുന്നത് രണ്ടാമത് വരുന്ന ഭാവന പിന്നെ വരുന്ന യുക്തി മനസ്സിലായോ പിന്നെ വരുന്ന ശാസ്ത്രങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പിന്നെ വരുന്ന അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന അറിവ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന എല്ലാത്തിനും കൂടി പറയുന്ന അനുഭവം ഏതൊക്കെയാണ് ആദ്യം വരുന്ന മുൻ ധാരണകൾ രണ്ടാമത് വരുന്ന ഭാവന മൂന്നാമത് വരുന്ന വ്യക്തി വിചാരം നാലാമത് വരുന്ന ശാസ്ത്ര വ്യാഖ്യാനങ്ങൾ പിന്നെ മനുഷ്യൻ അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആർജിക്കുന്ന അറിവുകൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് അറിവെന്ന് പറയുന്നത് ഇത് വച്ചുകൊണ്ടാണ് ഇവര് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത് കാലങ്ങൾ മാറുമ്പോൾ ചുറ്റുപാടുകൾ മാറുമ്പോൾ എന്നിവരും അറിവിലും മാറ്റം വന്നേ പറ്റും അറിവ് മാറിയേ പറ്റൂ നമുക്ക് പഴയ ആരെങ്കിലും ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള സാമാന്യമായ ഒരു വിവരമെങ്കിലും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളില് വേണം മനസിലായോ ഞാനിതൊക്കെ പറയുമ്പോ തന്നെ ആൾക്കാരെ അടിക്കാൻ ഓടിച്ചിട്ടടിക്കാ ഇതൊന്നും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതെല്ലാം മാറും നമ്മുടെ ധാരണകൾ മാറും ഒരു പത്തിരുപത് കൊല്ലുന്നുള്ള ധാരണയല്ല എന്റെ ഇന്നത്തെ ധാരണ അത് മാറി പത്തിരുപത് കൊല്ലുന്നുള്ള എന്റെ ഭാവനയല്ല ഇന്നത്തെ ഭാവന അത് മാറി അന്നുള്ള യുക്തി വിചാരമല്ല ഇന്നുള്ള യുക്തി വിചാരം ഏറ്റവും കൂടുതൽ മാറിയതാണ് ഇതാണ് എന്റെ പരിസ്ഥിതി ഇരുപത് കൊല്ലെന്നുമ്പോ എനിക്ക് യൂട്യൂബില്ലായിരുന്നു വിക്കിപീഡിയയിലായിരുന്നു ഗൂഗിളില്ലായിരുന്നു വാട്സപ്പില്ലായിരുന്നു ഇതെല്ലാം വന്നു ഇതെല്ലാം മാറി ഇതെല്ലാം കൊണ്ട് എന്ത് സംഭവിച്ചോ എന്റെ ആരോന്നും മാറ്റം വന്നു പാടത്തെ വരുന്ന തലമുറ എങ്ങനെയായി ഇതൊക്കെ വിൽക്കുവോ ഓരോറപ്പുണ്ട് ചെലപ്പം വിറ്റന്നില്ല വിറ്റില്ലെന്നും വരാം ഒരു നിശ്ചയമില്ല ഒന്നിനും എന്താ കുന്തം മുഴുങ്ങി കപ്പിയാരെ പോലെ